നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അള്ളാഹു സുബ്യാനഹൂവത്തായാല നിങ്ങളുടെ കൈകളിലൂടെ അവരെ ശിക്ഷിക്കുകയും അവരെ അപമാനിക്കുകയും അവർക്കെതിരെ നിങ്ങൾക്ക് വിജയം നൽകുകയും വിശ്വാസികളായൊരു ജനതയുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും